സ്ത്രീയേക ദൈവത്തിന് സ്തുതി ഈ കൺവെൻഷന്റെ എല്ലാ ദിവസവും ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ കടന്നു വന്നിരിക്കുന്ന ആദരണീയരായ വൈദിക ശ്രേഷ്ഠരെ വിശിഷ്ടാതിഥികളായി നാനാദേശങ്ങളിൽ നിന്ന് കടന്നു ബഹുമാന്യ വിദ്വജ്ജനങ്ങളെ പത്രപ്രതിനിധികളെ ഡിവൈഎസ്പി സിഐ എന്നിങ്ങനെയുള്ളതായ വിവിധ റാങ്കിൽ ജോലി ചെയ്യുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ വ്യവസായ പ്രമുഖരെ പ്രിയപ്പെട്ട നാട്ടുകാരെ സ്നേഹം സഹോദര സഹോദരികളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഏറ്റവും വിനീതമായ കൂപ്പുകൈ ദൈവത്തിന് സ്ത്രോത്രം ീ കൺവെൻഷൻ വലിയ ഒരു സംഭവമായി മാറുന്നതിന് കരുണിയുള്ള കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് നിരന്തരം ലഭിക്കുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ തൃക്കരങ്ങളിലേക്ക് നമ്മെയും ഈ കൺവെൻഷനെയും പരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം ഈ പ്രാവശ്യത്തെ കൺവെൻഷന്റെ ചിന്താവിഷയം കർത്താവായ യേശു ക്രിസ്തു വീണവരെ എഴുന്നേൽപ്പിക്കുന്നവൻ എന്നുള്ളതാണ് വീണവരെ എഴുന്നേൽപ്പിക്കുന്ന ക്രിസ്തു ജീവിതത്തിൽ തകർന്നുപോയ വ്യക്തികൾക്ക് അഭിന്നതയും പുരോഗതിയും ഉത്കർഷവും നൽകുന്ന ക്രിസ്തു സാമൂഹികമായും സാംസ്കാരികമായും സാൻമാർഗികമായും ആത്മീയമായും ശാരീരികമായും തകർന്നു എഴുന്നേൽപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്യുന്ന ക്രിസ്തു ക്രിസ്തുവിന്റെ അത്ഭുതരമായ തിരുവചനത്തിന് മുമ്പിൽ കടന്നുവരുവാൻ നമുക്ക് എല്ലാവർക്കും സാധിച്ചിരിക്കുന്നത് ഒരു മഹത്തായ അനുഭവമാണ് എന്നുള്ളതിന് സംശയമില്ല തിരുവചനത്തിൽ ഒരു വാക്യമുണ്ട് യഹോവായി സ്ഥലത്തുണ്ട് സത്യം ഞാനോ അതറിഞ്ഞില്ല ജീവനുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യം അത് ഏറെ അനുഗ്രഹമാണല്ലോ അവിടെ സമാധാനമുണ്ട് അവിടെ ശാന്തിയുണ്ട് അവിടെ രോഗങ്ങൾക്ക് സൌഖ്യമുണ്ട് അവിടെ ജീവിതത്തിൽ മുന്നേറ്റമുണ്ട് ഞാനത് സന്തോഷത്തോടെ ഓർക്കുന്നൊരു കാര്യം വളരെ ആദരണീയരായ വന്നിയ ആത്മീയപിതാക്കന്മാർ ഇന്ന് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം തരുവാനായി കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് എറണാകുളം പാലാരിവട്ടം ഓർത്തഡോക്സ് പള്ളിയുടെ വികാരിയായി ബഹുമാനപ്പെട്ട കെ ടി ഫിലിപ്പച്ചൻ ഒലവക്കോട് നിന്ന് വന്നിരിക്കുന്ന വാണിയമ്പാറ പള്ളിയുടെ വികാരിയായിരിക്കുന്ന ഓർത്തഡോക്സ് പള്ളി വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജെ കെ കദൽ പറമ്പിലച്ചൻ മൂവാറ്റുപുഴ അരമന പള്ളിയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട കാഞ്ഞിരമ്പാറ മാത്യൂസ് അച്ഛൻ ബഹുമാനപ്പെട്ട പഴമ്പള്ളിൽ തോമസ് അച്ഛൻ ഞാരക്കാട്ടിൽ ഔസഫ് അച്ഛൻ ബഹുമാനപ്പെട്ട കട്ടക്കയത്ത് ജോർജ് എന്നിങ്ങനെയുള്ള അനേകം ഈ വേദിയിൽ നിരന്നിരിക്കുന്നു അവരെ വളരെ ഉള്ളഴിഞ്ഞ ആദരവോടും സ്നേഹത്തോടും എളിമയോടും കൂടെ ഞാൻ ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കടന്നു നിൽക്കുന്ന അനേകം ആളുകളുണ്ട് നാനാദേശങ്ങളിൽ നിന്ന് കടന്നു നിൽക്കുന്ന ആളുകൾ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട വറീസ് സാർ പറഞ്ഞതുപോലെ കടലക്കര ഇംഗ്ലണ്ടിൽ നിന്നും ഗൾഫ് നാടുകളിൽ നിന്നും എല്ലാമായി വിവിധ ദേശങ്ങളിൽ നിന്ന് കടന്നു ആളുകൾ ധാരാളമുണ്ട് അങ്ങ് വയനാട്ടിൽ നിന്നും നിലമ്പൂരിൽ നിന്നും ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ നിന്നും തെക്ക് തിരുവല്ല കോട്ടയം ചെങ്ങന്നൂർ തിരുവനന്തപുരം മുതലായ സ്ഥലങ്ങളിൽ നിന്നെല്ലാം കടന്നിരിക്കുന്ന ആളുകളുണ്ട് എല്ലാവരെയും ഒറ്റവാക്കിൽ ഞാൻ വളരെ സ്നേഹത്തോടെ ഹാർദമായി സ്വാഗതം അരുളുകയാണ് യേശുക്രിസ്തു വീണവരെ എഴുന്നേൽപ്പിക്കുന്നവൻ ഞാൻ ഈയിടെ വായിച്ചു യൂറോപ്പിൽ നടന്നൊരു സംഭവകഥ അത് ഒരു വലിയ കമ്പനിയുടെ ഒരു വലിയ വ്യവസായശാലയുടെ ഒരു പ്രധാനപ്പെട്ട സൂപ്പർവൈസർ ഒരു ദിവസം അദ്ദേഹം രാവിലെ ഓഫീസിലേക്ക് പുറപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ കമ്പനിയിലേക്ക് പുറപ്പെട്ടതാണ് നടന്ന കാര്യമാണെന്നാണ് ഞാൻ വായിച്ചത് അദ്ദേഹം ആ കമ്പനിയിലേക്ക് പോകാനായിട്ട് തിരിയേണ്ട വഴി വന്നപ്പോൾ അങ്ങനെ ഇടത്തോട്ടല്ല തിരിഞ്ഞത് എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ കാറ് വലത്തോട്ടാണ് തിരിഞ്ഞത് പിന്നെ ഏതോ വഴിയിലൂടെയെല്ലാം ആ കാറിങ്ങനെ അദ്ദേഹത്തിന് തന്നെ നിശ്ചയമില്ലാത്ത കാരണത്താൽ കാറ് തിരിഞ്ഞ് വളഞ്ഞ് പല വഴികളിലൂടെ പോയി ഒടുവിൽ ഒരു വലിയ കെട്ടിടത്തിന്റെ നിന്നു ആ കെട്ടിടത്തിന്റെ അരികത്തി അദ്ദേഹം ഓർത്തുപോയി കമ്പനി പണ്ട് പണിതിരുന്ന ഒരു വലിയ കെട്ടിടമാണത് പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാല പണി മുടങ്ങേണ്ടി വന്നു ചില കാര്യങ്ങളിൽ ആ പണിയുടെ അടിസ്ഥാനപരമായ ചില തെറ്റുകൾ സംഭവിച്ചു പോയിരുന്നതുകൊണ്ടാണ് പണി മുടങ്ങിക്കിടക്കുന്നതെന്ന് മുമ്പ് കമ്പനി കെട്ടിടമാണല്ലോ എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ആ കെട്ടിടത്തിന്റെ അരിയിലേക്ക് അല്പം അങ്ങ് നീങ്ങിച്ചെന്നു അപ്പോഴുണ്ട് അവിടെ ഒരു കാറ് കിടക്കുന്നു തോന്നി ഈ കാറ് പരിചയമുള്ളൊരു കാറാണല്ലോ എന്ന് അദ്ദേഹം കുറെ കൂടി അടുക്കളേക്ക് ചെന്നു ആരും ആൾപ്പാർപ്പില്ലാത്തത് ഇപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഒരു പാഴുകെട്ടിടം അവിടെ ആരാണ് വന്നതെന്ന് മനസ്സിലാകാതെ അദ്ദേഹം അങ്ങോട്ട് ചെന്നു അപ്പോൾ അവിടെ കെട്ടിടത്തോടടുത്ത് ഒരു വലിയ ചെളിക്കുഴി അദ്ദേഹം വളരെ അദൃശ്യമായിട്ടാണ് കുഴിയിലേക്ക് നോക്കിയത് ആ കുഴിയിലേക്ക് നോക്കിയപ്പോൾ അപ്പോൾ ഒരു കൈയിന്റെ വിരലെ രണ്ടു മൂന്ന് വിരലിൽ ഇങ്ങനെ ചലിക്കുന്നു ആ ചെളിയുടെ മീത് പെട്ടെന്ന് അദ്ദേഹം ആ ചെളിയുടെ ഒരു ഭാഗം മാറ്റി നോക്കി അപ്പോൾ ഒരു കൈത്തണ്ടും ആ കൈത്തണ്ടിൽ ഒരു വാച്ചും വാച്ച് കണ്ടപ്പോൾ മനസ്സിലായി ആ കമ്പനിയുടെ ഒരു പ്രധാനപ്പെട്ട വെൽഡിംഗ് വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനാണ് എന്ന് മനസ്സിലായി അദ്ദേഹം ധ്രുതഗതിയിൽ ആളുകൾ വിളിച്ചുകൂട്ടി വളരെ ഞാന് ഇന്ന് രാവിലെ ഓഫീസിലോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി പെട്ടെന്നാണ് എനിക്ക് തോന്നിയത് ഈ കെട്ടിടത്തിന് വന്ന കേട് ഈ കെട്ടിടത്തിന് വന്ന ആ അനർത്ഥം അത് മാറുവാൻ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല വെൽഡിംഗ് നടത്തിയ മതി എന്നെനിക്ക് തോന്നി അതിനുവേണ്ടി ഞാൻ ഇറങ്ങി പണിയുകയായിരുന്നു മാനേജ്മിനോടൊന്നും പറഞ്ഞിട്ടല്ല എനിക്ക് തന്നെ തോന്നിയതാണ് ഞാൻ എനിക്ക് പണിയുകയായിരുന്നു ഞാനത് പണിതുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞു വീണു ഞാൻ മണ്ണിനടിയിലായിപ്പോയി പക്ഷേ എന്റെ തലയിൽ ഒരു വലിയ ഹെൽമറ്റുണ്ടായിരുന്നു തന്നെയുമല്ല ആ ഹെൽമെറ്റിൽ കുറെ മുഖം ആകെ മൂടുന്ന ഒരു നല്ല കമ്പി വല ഘടിപ്പിച്ചിരുന്നതുകൊണ്ട് എനിക്ക് ശ്വാസം കിട്ടി അതുകൊണ്ട് മരിച്ചില്ലെന്ന് മാത്രം ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്റെ കർത്താവെ ആരെയെങ്കിലും ഒന്ന് അയക്കണമേ ആരെയെങ്കിലും അയക്കണമേ എന്ന് അവിടെ കിടന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ അടുക്കിലേക്ക് എന്റെ പ്രാർത്ഥനയുടെ സ്വരം ഉയർന്നു ഞാൻ പ്രാർത്ഥിച്ചത് ഒരു ഫോൺ കോൾ പോലെ സ്വർഗ്ഗത്തിലെത്തി എനിക്ക് പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഇരമ്യാപ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാം വാക്യമാണ് ഈ സ്വർഗത്തിലേക്കുള്ള ഫോൺ നമ്പർ എന്ന് സ്വർഗത്തിലേക്ക് ഒരു ഫോൺ നമ്പറുണ്ട് ഇരമ്യ മുപ്പത്തിമൂന്നിന്റെ മൂന്ന് അത് ഞാനത് ഉരുവിട്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു സ്വർഗത്തിൽ ആ പ്രാർത്ഥനയെത്തി ഉടനെ സ്വർഗത്തിൽ നിന്ന് അയച്ചു തക്ക ആളയച്ചു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയുകയുണ്ടായി ഇരമ്യ പ്രവോചനം മുപ്പത്തിമൂന്നിന്റെ മൂന്നെന്ന് വായിക്കൂ എന്നെ വിളിച്ചേ ഉള്ളൂ നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും നീ എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിനക്ക് ഉത്തരമരുളും നീ അറിയാത്ത മഹത്തായ കാര്യങ്ങൾ അഗോചരമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് അനുഭവമാക്കിത്തരും നിനക്ക് വെളിപ്പെടുത്തി തരും നിനക്ക് മറുപടി തരും നീ ഇതുവരെയും കണ്ടിട്ടില്ലാത്തത് ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്തത് നിനക്ക് ഞാൻ ചെയ്തു നീ എന്നെ വിളിച്ചപേക്ഷിക്കുക എന്ന് ഇരമ്യാപത്തിമൂന്നിന്റെ മൂന്ന് പ്രിയപ്പെട്ടവരെ ആ ഉയർന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹം അന്ന് ആ കുഴിയിൽ മരണത്തോട് അടുത്തുകിടക്കുമ്പോൾ പ്രാർത്ഥിച്ചു സ്വർഗ്ഗത്തിലെ ദൈവം പ്രാർത്ഥന കേട്ടു വീണ അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തെ ദൈവം കോരിയെടുക്കാൻ സാഹചര്യങ്ങൾ ഒരുക്കി എന്തൊരത്ഭുതമാണിത് ഇന്നും ആ ക്രിസ്തു ജീവിക്കുന്നു സത്യമായും യേശുക്രിസ്തുടയിലൂടെ സഞ്ചരിക്കുന്നു അതിന് പ്രിയപ്പെട്ടവരെ കക്ഷിഭേദമില്ല സമുദായ ഭേദമില്ല നാം എല്ലാവരും ദൈവത്തിന്റെ മോഹന സൃഷ്ടിയാണ് ദൈവത്തിന് ആരോടും ബഹുപക്ഷമില്ല നാം അവരവരെ നിൽക്കുന്ന സമൂഹത്തിലും സമുദായത്തിലും സഭയിലും നിന്നുകൊണ്ട് നാം ക്രിസ്തുവിനിയല്ലേ ആരാധിക്കുന്നത് നാം നമ്മുടെ പള്ളികളിൽ പോകുന്നു നാം ആരാധകളിൽ പങ്കെടുക്കുന്നു അതിൽ കൂടിയല്ല നമുക്ക് ക്രിസ്തുവിനിയല്ലേ കിട്ടുന്നത് ക്രിസ്തുവെ അല്ലേ നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിനോട് വ്യക്തിപരമായി ബന്ധം പുലർത്താൻ നാം പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായി ക്രിസ്തുനോട് അപേക്ഷിക്കുമ്പോൾ കർത്താവായി യേശു ക്രിസ്തു നമ്മുടെ അധപ്പതിച്ച അവസ്ഥയിൽ നിന്ന് നമ്മെ ഉയർത്തിയെടുക്കും നമ്മെ ഉദ്ധരിക്കും നമ്മെ എഴുന്നേൽപ്പിക്കും കർത്താവായ യേശു ക്രിസ്തു എഴുന്നേൽപ്പിക്കുന്നവൻ ഇന്ന് ഈ ആമുഖ സന്ദർഭത്തിൽ ഞാൻ വളരെ സ്നേഹത്തോടും എളിമയോടും കൂടെ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ ഈ നാട്ടുകാരായ ആളുകൾ പുറമെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നുചേർന്നതായ ആളുകൾ നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ അവരവർ ചേർന്ന് നിൽക്കുന്ന പള്ളികളിൽ അവരവർ ചേർന്ന നിൽക്കുന്ന സമുദായങ്ങളിൽ നിങ്ങൾ അവിടെ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾ യേശുക്രിസ്തുവിനെ വിളിച്ച് അപേക്ഷിക്കൂ യേശുക്രിസ്തുവിനോട് ഉള്ളം പകരൂ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം വീണിനിടക്കുന്ന കുഴിയുടെ ആഴം എത്ര അഗാധമാണെങ്കിലും ആ ആഴങ്ങളിൽ നിന്ന് നമ്മെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തിയെടുക്കും അവൻ നമ്മെ ഉദ്ധരിക്കും അവൻ നമുക്ക് ശാന്തി തരും അവൻ നമ്മുടെ ഹൃദയത്തിലെ പിരിമുറുക്കങ്ങൾ മാറ്റിത്തരും നമ്മുടെ ഹൃദയത്തിലെ ടെൻഷൻ മാറ്റിത്തരും നമ്മുടെ ജീവിതത്തിലെ നൈരാശി മാറ്റിത്തരും നമ്മുടെ ജീവിതത്തിന് ഉന്മേഷം തരും ഇന്ന് ഞാനിത് ഒരളവിൽ എന്റെ അനുഭവത്തോട് ചേർത്താണ് പറയുന്നത് ഈ പ്രാവശ്യത്തെ കൺവെൻഷന് ഞാൻ സംബന്ധിക്കുമോ എന്ന് എനിക്കൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല എന്തൊരത്ഭുതമായി പോയി ഞാന് കുറച്ച് ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു കഴിഞ്ഞ രണ്ടു വർഷം മുൻപ് ഇതുപോലെ കൺവെൻഷന്റെ അവസരത്തിന് തൊട്ടു മുമ്പ് ഹോസ്പിറ്റൽ കഴിയേണ്ടി വന്ന അവസരമുണ്ടായി ദൈവം എത്രത്തോളം നടത്തി ഈ പ്രാവശ്യവും കൺവെൻഷൻ നിരുവചനം പറയാൻ പറ്റുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കർത്താവെ നിന്റെ ഹിതം ആരെഴുന്നേച്ചാൽ നിന്റെ വചനം ജനത്തിന് ലഭിക്കണമേ ജനത്തെ നീ സ്നേഹിക്കുന്നല്ലോ കർത്താവെ ജനത്തിന് നിന്റെ വചനം നൽകണമേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ ഞാൻ പറഞ്ഞു കർത്താവെ എന്റെ ആഗ്രഹമല്ല എന്റെ ഇഷ്ടമല്ല എന്റെ താൽപ്പര്യമല്ല പക്ഷേ എല്ലാവരെയും കാണുന്നതിനായി ദൈവത്തിന്റെ സ്നേഹം കർത്താവെ ഈ കൺവെൻഷനിലെ ഉടനീകളം വ്യാപരിക്കണമേ എന്ന് മാത്രം ഞാൻ വളരെ എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇത്രയും ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് തിരുവചന്ദ്രവാക്യമുണ്ട് നിങ്ങൾക്കറിയാമല്ലോ കാണാതെ എൻ മനമേയഹോയെ വാഴ്ത്തുക എന്റെ സർവ്വ അന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക എൻ മനമേയഹോയെ വാഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു നിന്റെ സകല രോഗങ്ങളെയും സൌഖ്യമാക്കുന്നു അകൃത്യം മൂലം വീണുപോയവരുണ്ട് രോഗം മൂലം തളർന്നു പലതരത്തിലുള്ള കെടുതികൾ സംഭവിച്ചു എന്നാൽ എന്റെ മനസ്സെ നീയെ ദൈവത്തെ വാഴ്ത്തുക ദൈവത്തിന്റെ ഉപകാരങ്ങൾ മറക്കരുത് സങ്കീർത്തനക്കാരൻ പാടി പ്രിയപ്പെട്ടവരെ സങ്കീർത്തനക്കാരനായ ദാവീത് ഒരിക്കൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടു ദൈവം അവനോട് ചോദിച്ചതിന്റെ കയ്യിലിരിക്കുന്ന എന്ത് എന്നാണ് ദൈവം ദാവീനോട് ചോദിച്ചു നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത് ദാവീത് പറഞ്ഞു ഒരു കവിണയാണ് കർത്താവെ ഞാൻ നിന്റെ കവിണ കൊണ്ട് ഫലിസ്ത്യരെ മുഴുവനും കീഴടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത് ആശയമാണ് ഞാൻ പറയുന്നത് നിന്റെ കൈയിലേക്ക് കൊച്ച് കവിണ കൊണ്ട് ഫലിസ്ത്യ മലരായ ഗോലിയാത്തിന്റെ ചനി തകർക്കാൻ അവന്റെ ചെന്നി തകർത്ത ഫലി സൈന്യത്തെ മുഴുവനും കീഴടക്കാൻ ഞാൻ നിന്നെ നിയോഗിക്കുകയാണ് ദൈവം വീണവരെ എഴുന്നേൽപ്പിക്കുന്നവനാണ് അഥവാ പോയവരെ ഉയർത്തുന്നവനാണ് മോശയുടെ കയ്യിൽ ദൈവം ചോദിച്ചു നിന്റെ കയ്യിലിരിക്കുന്ന എന്താ എന്ന് കർത്താവെ ഒരു വടിയാണ് എന്റെ കയ്യിലിരിക്കുന്നത് മോനെ നിന്റെ കൈയിലെ വടിയൊണ്ട് ഞാനീ ജനത്തി അറുനൂറായിരത്തെ ആറു ലക്ഷം പേരെ ഞാന് ഈ മിശ്രയിമിൽ വിടുവിച്ച് ശങ്കടൽ കടത്തി അക്കരെ നടത്തിക്കൊണ്ടുപോകുമെന്ന് ദൈവത്തിന് സ്തോത്രം മോശയുടെ കൈയിലെ വടി സ്വർഗത്തിലെ ദൈവം മോശയെ കൈയിലെടുത്തപ്പോൾ വടിയും ദൈവം കയ്യിലെടുത്തു മോശയുടെ കൈയിലെ വഴി ദൈവത്തിന്റെ കരങ്ങളിൽ അത്ഭുത പ്രതിഭാസമായി മാറി പ്രിയപ്പെട്ടവരെ ജീവനുള്ള ദൈവം നടത്തുന്ന വിധങ്ങൾ എങ്ങനെയെല്ലാമാണ് ദൈവം നടത്തുന്ന വഴികൾ എങ്ങനെയെല്ലാമാണ് സ്വർഗത്തിലെ ദൈവം നമ്മയെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മെ നയിച്ചു കൊണ്ടിരിക്കുകയാണ് പത്ത് ദിവസത്തിനോട് ചോദിച്ചു നിന്റെ എന്താണ് കർത്താവെ എന്റെ കൈയിലൊന്നുമില്ല ഒന്നുമില്ല കർത്താവെ ഒന്നും പിടിക്കാൻ പറ്റിയില്ല ഒന്നും കിട്ടിയില്ല കർത്താവ് പറഞ്ഞു മോനെ ഇപ്പോൾ പിടിച്ച മീനുകൾ കൊണ്ടുവരത്തക്കവണ്ണം ഞാൻ നിന്നെ വലിയ മീൻ പിടുത്തതിന് യോഗ്യനാക്കുമെന്ന് നിങ്ങളാരെയും തളർന്നിരിക്കേണ്ട നിങ്ങളാരും നിരാശയായിരിക്കണ്ട നിങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട് നിങ്ങളെ നടത്തുവാനൊരു ദൈവമുണ്ട് കർത്താവായ യേശു നിങ്ങളെ സന്മാർഗത്തിലൂടെ നയിക്കും സൽപാതയിലൂടെ നയിക്കും നിങ്ങൾക്ക് കർത്താവ് മുന്നേറ്റം തരും ഇന്ന് രോഗം കൊണ്ട് വലഞ്ഞിരിക്കുന്നവരുണ്ട് ഇന്ന് പൈസയുടെ ഞെരുക്കത്തിൽ അഴന്നിരിക്കുന്നവരുണ്ട് കടത്തിന്റെ ഭാരത്തിൽ ഉലഞ്ഞിരിക്കുന്നവരുണ്ട് കുടുംബത്തിലെ സുയക്കേടിൽ വിഷമിച്ചിരിക്കുന്നവരുണ്ട് അസ്വസ്ഥതയിൽ മനസ്സ് മാഴി കരഞ്ഞിരിക്കുന്നവരുണ്ട് സ്നേഹിതരേ നിങ്ങൾ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം അസ്വസ്ഥതകളുണ്ടെങ്കിലും അതിന്റെ മധ്യത്തിൽ ഒരു ശാന്തി ദൈവം തരും നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട് എനിക്കറിയാം ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ അഗ്നി ഗോളങ്ങളാണ് ഓരോരുത്തരെയും ഉള്ള് പിടഞ്ഞുകൊണ്ടിരിക്കുന്നു ഞെരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഉരുകിക്കൊണ്ടിരിക്കുന്നു തിളച്ചുകൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ളതായ പ്രശ്നങ്ങൾ നിങ്ങളെ വലയം ചെയ്തു നിൽക്കുന്നു എന്നാലൊന്നെനിക്കറിയാം ഏതേതെല്ലാം പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നാലും അതിന്റെ മധ്യത്തിൽ ഒരു രജത രേഖ തെളിഞ്ഞു നിങ്ങൾക്ക് കാണാം ഒരു വെള്ളി വെളിച്ചം നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് ഒരു പുതിയ പാത ആ ദുരിതങ്ങളുടെയും രോഗങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ആവശ്യഭാരങ്ങളുടെയും നടുവിലൂടെ ഒരു പുതിയ വാതാ ദൈവം വെട്ടി തുറന്ന് നിങ്ങളെ നയിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് രോഗം മാറുകയായിരിക്കില്ല അപ്പോസ്റ്റലിനായ പൗലൂസിന് രോഗമുണ്ടായിരുന്നില്ലേ മൂന്ന് പ്രാവശ്യം അപ്പോസ്റ്റലിനായ പോലൂസ് പ്രാർത്ഥിച്ചു കർത്താവെ ഈ രോഗമൊന്നും മാറ്റിത്തരില്ലേ കർത്താവെ ഒന്ന് മാറ്റിത്തരണമേ ദൈവം പറഞ്ഞു എന്റെ കർവദനക്ക് പോരെ മോനി അത് നിനക്ക് my grace is sufficient for thee എൻടെ കрма നിനക്ക് മതി എൻടെ സക്വിയെ ബലഹീനതയിൽ തങ്ങി വരുന്നു സ്നേഹിതരേ ഞാൻ പിന്നെ വായിച്ചു ഈ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ ഞാൻ ഏങ്ങലടിച്ചു പോയി ഞാൻ എൻടെ ബലഹീനതകളിൽ പ്രശംസിക്കുന്ന അപ്പോസ്തലൻ പറഞ്ഞു എൻടെ രോഗത്തിൽ എൻടെ ശരീരത്തിന്റെ ബലഹീനതയിൽ ഞാൻ അഭിമാനിക്കുന്നണ അപ്പോസ്തലൻ പറഞ്ഞു കാരണം എന്താണ് ഞാൻ നിగిളിച്ച് പോയില്ലല്ലോ ഞാൻ അഹങ്കരിച്ചു പോയില്ലല്ലോ ഞാൻ അങ്ങേ ചിർത്തു പോയില്ലല്ലോ എന്റെ കർത്താവെ വെളിപ്പാടുകളിൽ ആദിക്കത്താൽ അതിയായി നികളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ജടത്തിലൊരു ശൂലം തന്നിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ജഡത്തിലൊരു ശൂലം കൊണ്ട് കുത്തുമ്പോൾ പോലെ നിരന്തരം വേദന നന്നായി എന്ന് അബോധം പറയുകയാണ് എന്റെ ബലഹീനതകളിൽ ഞാൻ പ്രശംസിക്കും സഹോദരങ്ങളെ വീണ്ടവരെ എഴുന്നേൽപ്പിക്കുന്ന ക്രിസ്തു നിങ്ങൾക്ക് നിങ്ങളുടെ ബലഹീനതകളിൽ നിങ്ങളുടെ കടത്തിന്റെ ഭാരങ്ങളിൽ നിങ്ങളുടെ പൈസയുടെ പ്രയാസങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലെ വിഷമതകളിൽ നിങ്ങളെ അലട്ടുന്നതായ വിവിധ വിവിധ പ്രശ്നങ്ങളിൽ എല്ലാം നിങ്ങൾക്ക് പ്രശംസാ വിഷയങ്ങളാക്കി ദൈവം നിങ്ങൾക്ക് മാറ്റിത്തരും യഹോയായ ദൈവം കാരുണ്യവാനായ ദൈവം നമ്മെ ഉദ്ധരിക്കുന്നവനാണെന്നെ ഉയർത്തുന്നവനാണെന്ന് നമ്മെ എഴുന്നേൽപ്പിക്കുന്നവനാണ് ദൈവം വീണവരെ എഴുന്നേൽപ്പിക്കുന്നു ഞാൻ വേറൊരു സംഭവം വായിച്ചു ഒരാളൊരു പാർക്കിലിരിക്കുകയാണ് വെറുതെ കാച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴുണ്ട് ഒരു വണ്ട അയാളുടെ തലയ്ക്ക് വട്ടം വിട്ടു പറന്നു വലിയ ശല്യമായല്ലോ ഒരു വണ്ട് അത് ആ തലയിടത്തിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആഞ്ഞൊരടി കൊടുത്തു ആ വണ്ടിന്റെ മേൽ കൈ കൊണ്ടു വണ്ട് താഴെ വീണു ചത്തതുപോലെ വീണു കിടന്നു അടിയാരിച്ച് ചത്തുപോയി വിചാരിച്ചു വണ്ട് ചത്തല്ലോയി വിചാരിച്ചു പക്ഷേ അല്പം കഴിഞ്ഞപ്പോഴുണ്ട് ആ വണ്ട് പയ്യെ ചലിക്കുന്നു ഏ അപ്പൊ ചത്തിട്ടില്ല അദ്ദേഹത്തിന് കൗതുകം തോന്നി ഞാൻ നോക്കിക്കൊണ്ടിരിക്കാൻ വെറുതെ ഇരിക്കയല്ലേ ആ വണ്ടിനെ നോക്കിക്കൊണ്ടിരുന്നു പയ്യെ ചലിക്കുന്നു ചലിച്ചിട്ട് അനങ്ങാൻ നോക്കുന്നു അനങ്ങാൻ പറ്റുന്നില്ല നീങ്ങാൻ പറ്റുന്നില്ല പക്ഷേ ചലിക്കുന്നുണ്ട് അനങ്ങാൻ പറ്റുമോ നോക്കുക നീങ്ങാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് നീങ്ങാൻ പറ്റുന്നില്ല അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കെ കുറച്ചുനേരം അങ്ങനെ അത് ശ്രമിച്ചു ശ്രമിച്ച് അത് പയ്യെ കുറച്ചൊന്ന് എഴിഞ്ഞഴിഞ്ഞ് നീങ്ങി കുറച്ചൊന്ന് എഴിഞ്ഞഴിഞ്ഞ് നീങ്ങി അല്പം കൂടി കഴിഞ്ഞപ്പോൾ അത് പയ്യെ ചിറക് ഇങ്ങനെ വിടർത്തുന്നു വണ്ടിന്റെ ചിറക് അദ്ദേഹം കൌതുകത്തോടെ നോക്കിയിരുന്നു അല്പം കഴിഞ്ഞപ്പോൾ ആ വണ്ടിന്റെ ചെറുകെ പിഴുത്തിയിട്ട് പറക്കാൻ തുടങ്ങുകയാണ് വീണ്ടും പറന്നു തുടങ്ങിയതാണ് പക്ഷെ പറക്കാൻ പറ്റിയില്ല അത് വീണ്ടും അവിടെ വീണു കുറച്ചു നേരം അവിടെ കിടന്ന് പിടച്ചു പിന്നെയും പറക്കാൻ നോക്കുകയാണ് അല്പം കൂടി പൊങ്ങി പക്ഷെ പിന്നെയും താഴെ വീണു മൂന്നു പ്രാവശ്യം അങ്ങനെ കഴിഞ്ഞു ഇപ്പോഴുണ്ട് ആ വണ്ട് നല്ല സുഖമായിട്ട് പറന്ന് പൊങ്ങുന്നു അദ്ദേഹം കൌതുകത്തോടെ ഓർത്തു പ്രിയപ്പെട്ടവരെ ആ കാഴ്ച അദ്ദേഹത്തിന് ചില പുതിയ ഉൾക്കാഴ്ചകൾ നൽകി ആ സംഭവം അദ്ദേഹത്തിന് ചില പുതിയ ചിന്തകൾ നൽകി എന്താണ് ചിന്ത ഒരുപക്ഷെ വീണ് തീർന്നുവെന്ന് വിചാരിച്ചാലും അസ്തമിച്ചു എന്ന് വിചാരിച്ചാലും കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചാലും എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ ചലനം ആ ചലനം പയ്യെ പയ്യെ ആ ചലനം കുറച്ചുകൂടി ചലനാത്മകമായി മാറും കുറച്ചുകൂടി ശക്തമായി തീരും പിന്നെ പിന്നെ ചിലപ്പോൾ ഒന്ന് വേച്ച് വീണുന്നു വരും ചിലപ്പോൾ പിന്നെയും പിന്നെയും വീണുന്ന് വരും ആരും നിരാശപ്പെടേണ്ട ദൈവത്തിന്റെ സ്തോത്രം കാരണം ജീവനുള്ള ക്രിസ്തു നമ്മുടെ ചെറുകൾക്ക് ബലം തരും യഹോയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചറകടിച്ച് പറക്കും അവർ തളർന്നു പോകാതെ ഓടും ക്ഷീണിച്ചു പോകാതെ നടക്കും എന്റെ സ്നേഹിതരെ തളർന്നവരാരെല്ലാം അവിടെ ഇരിപ്പുണ്ട് മനസ്സ് തളർന്നവരാരെല്ലാം അവിടെ ഇരിപ്പുണ്ട് ജീവിതം വഴിമുട്ടിപ്പോയവരാരല്ല അവിടെ ഇരിക്കുന്നുണ്ട് നാളെക്കുറിച്ച് ആകുലപ്പെട്ട് വിഷമിച്ചിരിക്കുന്നവരാരെല്ലാം ഉണ്ട് സഹോദരങ്ങളെ നിങ്ങൾ പറയട്ടെ നിങ്ങൾ പയ്യെ പയ്യെ ചെറുക്കി നോക്കൂ പയ്യെ പയ്യെ എഴുന്നേൽക്കാൻ നോക്കൂ ഒറ്റ കുതിച്ചിയാട്ടം കൊണ്ട് പക്ഷേ പൊങ്ങിയെന്ന് വരികയില്ല ഒരൊറ്റ ചലനം കൊണ്ട് പറന്നു എന്ന് വരികയില്ല സാരമില്ല നിങ്ങൾക്ക് പുതുബലം തരാൻ നിങ്ങൾക്ക് പുതു തരാൻ യേശുക്രിസ്തു ജീവിക്കുന്നുണ്ട് ആരും തകർന്നിരിക്കണ്ട ഈ വരും വീണവരെ എഴുന്നേൽപ്പിക്കുന്ന കൃത്യവിനെക്കുറിച്ച് നിങ്ങൾ ഇനിയും ഇനിയും കേൾക്കും ഇന്ന് കേൾക്കും ഇനിയും നിങ്ങൾ കേൾക്കും പ്രിയപ്പെട്ടവരെ ദൈവം കൃപ തന്നാൽ അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നാളെ മുതലുള്ളതായ രാത്രികളിൽ അല്പനേരം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ തളർന്നിരിക്കാതെ ഉത്സാഹത്തോടെ കടന്നു വരുവിയൻ അത്യുത്സാഹത്തോടെ കടന്നു ഫോൺ നമ്പർ മറക്കരുത് ദൈവത്തിന്റെ സ്തോത്രം സ്വർഗത്തിലെ ഫോൺ നമ്പർ മറക്കരുത് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്തുകൊള്ളണം ആവശ്യം വരുമ്പോൾ സ്വർഗ്ഗത്തിലെ അപ്പനോട് വിളിച്ചുകൊള്ളണം ഇരമ്യാ മുപ്പത്തിമൂന്നിന്റെ മൂന്ന് അത് നിങ്ങൾ കാണാതെ പഠിച്ചുകൊള്ളുക എന്നിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ തളർന്നു പോകുമ്പോൾ വലഞ്ഞു പോകുമ്പോൾ ക്ഷീണിതരാകുമ്പോൾ സ്വർഗ്ഗത്തിലെ അപ്പനെ വിളിച്ചുകൊള്ളൂ അപ്പ ഇവിടെ ഇങ്ങനൊരു മോൻ ഇരിപ്പുണ്ട് ഇവിടെ ഇങ്ങനൊരു മോളിരിപ്പുണ്ട് അപ്പോ ഈ മോൾ വിഷമിക്കുന്ന ഞാൻ കാണുന്നില്ലേ ഈ മോൻ ഭാരപ്പെടുന്നില്ലേ സ്വർഗത്തിലെ അപ്പ ഈ മോന്റെ കാര്യത്തിൽ ഈ നിന്റെ മോളുടെ കാര്യത്തിൽ നീ ഒന്ന് കരമെടുക്കണേ നീ ഒന്ന് കനിയണേ നിങ്ങൾ പ്രാർത്ഥിക്കൂ സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്റെ സ്നേഹിതരെ ഞാന് സന്തോഷത്തോടെ ഓർക്കുന്നൊരു വാക്യമുണ്ട് അവൻ എന്റെ ആധരങ്ങളുടെ യാതിന് അനുഷേധിച്ചതുമില്ല ആധരങ്ങളുടെ യാതൊരു ദൈവം ചൂണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചത് ഹൃദയത്തിൽ നിന്നാകുമ്പോൾ യാതൊരു പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവം ഇരുപത്തിയൊന്നാം സങ്കീർത്തനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു അവൻ എന്റെ ുടെന നിഷേധിച്ചതുമില്ല നൂറ്റിയേഴാം സംകൃത് പറയും അവർ ആഗ്രഹിച്ച അവരെ എത്തിച്ചു മുപ്പത്തേഴാം സംകൃത് എന്ന് പറയും യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക ദേശത്ത് പാർത്ത് യഹോവയിൽ തന്നെ രസിച്ചു അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും ഇന്ന് പകല് ഞാനിരുന്നുണ്ട് അല്പത്തിൽ തന്നെ പറഞ്ഞു അത്യു ദൈവത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ എന്ന് പ്രിയപ്പെട്ടവരെ അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെയെന്ന് സംഘടനക്കാരൻ അനുഭവിച്ചു പാടിയതാണ് ഇന്ന് നിങ്ങൾക്കും അങ്ങനെ പാടാൻ പറ്റുമോ നിങ്ങൾക്കും പറയാൻ പറ്റുമോ ആരും തുടർന്നിരിക്കണ്ട ഇതുവരെ പറയാൻ പറ്റിയില്ല സാറേ നിങ്ങൾ പരിശ്രമിക്കേണ്ട സ്നേഹിതരെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിനെന്ന് കൊടുക്കൂ വീണവരെ എഴുന്നേൽപ്പിക്കുന്ന ക്രിസ്തു നിങ്ങളു വന്നിട്ടുണ്ട് അവ നിങ്ങളുടെ സമീപത്തു കൂടെ മന്ദം നടക്കുന്നുണ്ട് അവന്റെ കാലവച്ച നിങ്ങൾ കേൾക്കുന്നുണ്ട് അവന്റെ തിരുവസ്ത്രത്തിന്റെ പൊന്നുതൊങ്ങൽ ആ തങ്കത്തൊങ്ങൽ നിങ്ങൾ തൊട്ടു തൊട്ടു കടന്നു പോകുന്നുണ്ട് നിങ്ങളുടെ ഭാരവിഷ്യം എന്തുമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ആകുലം എന്തുമായിക്കൊള്ളട്ടെ ഇപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ക്രിസ്തുവിനോട് പറയൂ കർത്താവേ ഞാനിതാ നിന്റെ കരുണയ്ക്കായി യാജിക്കുന്നു യേശുവേ ഞാൻ നിന്റെ കൈപ്പണിയല്ലേ നിന്റെ രക്തം കൊടുത്ത് നീ എന്നെ വിലയ്ക്ക് വാങ്ങിയതല്ലേ ഞാന് എന്റെ കർത്താവിന്റെ വചനം കേൾക്കാൻ ഭാഗ്യ ലഭിച്ച ഒരു ദൈവ പൈതലല്ലേ എന്നോട് നീ മനസ്സറിയണം നിന്റെ വചനം എന്നെ കേട്ടതല്ലേ നീ എന്നെ വചനം കേൾപ്പിച്ചതല്ലേ കർത്താവെ ഇന്നിവിടം നീ എന്നെ കൊണ്ടുവന്നില്ലേ നാഥാ ഇതെല്ലാം നിന്റെ അനന്തസ്നേഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ദൈവമേ ഞാൻ അറിയാത്ത വഴികളിൽ നീ എന്നെ നടത്തിയല്ലോ ഞാൻ ആഗ്രഹിക്കാത്ത പലതും എന്റെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ കർത്താവെ എല്ലാ പിന്നിൽ നിന്റെ കരമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായി ഇന്ന് നീ എന്നെ കൊണ്ടുവന്നത് നിന്റെ കരുണയാണ് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു എന്റെ മേ എന്ന കരുണയുടെ കരം വെച്ച് ഇപ്പോൾ നീ ആശീർവദിച്ചാൽ ഞാന് ഉയർന്നവനും എഴുന്നേൽക്കുന്നവനുമായി മാറും ഞാൻ താണുകിടക്കുന്നവനല്ല ഞാൻ എഴുന്നേൽക്കുന്നതിനായി മാറും ദൈവത്തിന് സ്തോത്രം കുറഞ്ഞസിന്റെ ഭവനത്തിൽ അപ്പോസ്ലനായ പത്ര ഓസ് കടന്നിന്നു ഞാൻ വീടിക്കയല്ല ഒരു കാര്യം പറയട്ടെ പത്ര റോസ് മുമ്പ് ദൈവത്തിന്റെ ദൂദനോടെ കടന്നു എന്നു ദൈവത്തിന് ആദ്യം കടന്നിന്നു പിന്നീട് പത്തോസ് കടന്നിന്നു പിന്നീട് പരിശുദ്ധാത്മാവ് കടന്നു വന്നു എന്റെ ദൈവമേ എന്തൊരു ഭാഗ്യം ആദ്യം ആദ്യം കടന്നി എന്നത് ദൈവത്തിന്റെ മാലാഹയാണ് നിങ്ങളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിന്റെ ദൂതനാണ് ദൈവത്തിന്റെ മാലാഹയാണ് നിങ്ങൾ വിചാരിക്കും എനിക്കതിന് യോഗ്യതയില്ലല്ലോ എന്ന് പേടിക്കണ്ട നിങ്ങളെ ദൈവത്തിന്റെ അനന്തസ്നേഹം തന്റെ ദൂതനെ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ് പുറന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് പ്രിയപ്പെട്ടവരെ കുറനേലിയോസിന്റെ ഭവനത്തിലേക്ക് സ്വർഗത്തിലെ മാലാഘ വന്നു തീർന്നില്ല അവിടെ ഇങ്ങോട്ട് തീർന്നില്ല അതിനുശേഷം ദൈവം തന്റെ അപ്പോസലിനെങ്ങോട്ട് അയച്ചു പത്രദോസിന് എങ്ങോട്ട് അയച്ചു എന്ത് അതിശയം അപ്പോസൽ പ്രവൃത്തികളുടെ പുസ്തകം പതിനൊന്നാം അധ്യായം അയക്കുമ്പോഴക്കാണ് പത്തൊൻപതിനൊന്ന് അധ്യായം അയക്കുമ്പോഴക്കാണ് പുറം നെയ്ലിയോസ് ഒരു പുറജാതിക്കാരനാണ് കുറന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് സ്വർഗ്ഗത്തെ ദൈവം ദൂതനെ അയച്ചു പിന്നീട് തന്റെ അപ്പോസലിനെ അയച്ചു ജനം ആർത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ വന്നുകൂടിയവരെല്ലാവരും ആർത്തി പോകൊണ്ടിരിക്കുകയാണ് എന്തിന് ഈ അപ്പോസലനായ പത്ത് റോസ് വന്നപ്പോൾ പത്ത് റോസ് വന്നപ്പോൾ കുറഞ്ഞ ദിവസം കാൽക്കിളങ്ങ് വീണു പത്ത് ദിവസം പറഞ്ഞ അയ്യോ നീ എന്ത് മണ്ടത്തിലാണീ കാണിക്കുന്നത് ഈ എന്റെ വീഴേണ്ടത് ആകാശം ഭൂമി സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് ദൈവത്തിന് സ്തോത്രം ഭാവിക്ക് വേണ്ടി ക്രൂസിൽ ഒരു രക്ഷകനുണ്ട് അവനെയാണ് വീണ് നമസ്കരിക്കേണ്ടത് ഞാൻ നിന്നെപ്പോലെ ഒരു സാധാരണ മനുഷ്യനാണ് ഓ എന്തൊരു ഉന്നതമായ കാഴ്ചപ്പാട് ദൈവത്തിന് സ്തോത്രം എന്നിട്ട് പത്രോസ് അവിടെ ചെന്ന് നിന്നപ്പോൾ ഉടനെ ഈ കുറഞ്ഞ പറയുകയാണ് നീ വന്നത് ഉപകാരം നീ വന്നത് ഉപകാരം കർത്താവ് ഇതിനോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിന്റെ ശൈലിയിൽ വന്നിരിക്കുകയാണ് നീ വന്നത് ഉപകാരം ദൈവത്തിന് സ്തോത്രം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നിങ്ങളെല്ലാം വന്നത് ഉപകാരം ദൈവത്തിന് സ്തോത്രം കർത്താവ് എന്നോടും നിങ്ങളോടും കൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് കർത്താവ് അറിയിക്കട്ടെ പക്ഷേ വചനം കേട്ടപ്പോൾ മൂന്നാമത് ഉണ്ടായതാണ് ഒന്ന് ആദ്യം ദൂതൻ വന്നു രണ്ട് പത്ത് ദിവസം വന്നു മൂന്ന് പരിശുദ്ധാത്മാവ് വന്നു വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു പ്രിയപ്പെട്ടവരെ ഇന്നുപോര് ഇനിയുള്ള ദിവസങ്ങളിലും എല്ലാം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ പറന്നിറങ്ങട്ടെ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിറങ്ങി ആവസിക്കട്ടെ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിറങ്ങി ആവസിച്ച് നിങ്ങളെ തീ പിടിപ്പിക്കട്ടെ പരിശുദ്ധാത്മാവിന് തീ നിങ്ങളിലേക്ക് ഒഴുകട്ടെ പരിശുദ്ധാത്മെ അഗ്നീയങ്ങളിലൂടെ പ്രവോഹിക്കട്ടെ പരിശുദ്ധാത്മാവിന് തീ നിങ്ങളുടെ സിലകളിലൂടെ പകരട്ടെ പരിശുദ്ധാത്മാവിന് തീയ്യ് നിങ്ങളുടെ അവയവങ്ങളിൽ നിറയട്ടെ പരിശുദ്ധാത്മാവിന് തീയ്യ് നിങ്ങളുടെ രോഗങ്ങളെ മാറ്റട്ടെ പരിശുദ്ധാത്മാവിന് തീയ്യ് നിങ്ങളുടെ പാവ സ്വഭാവങ്ങളെ നിശ്ശേഷം മരിപ്പിക്കട്ടെ പരിശുദ്ധാത്മാവിന് തീയ്യ് സത്യസഭാ സ്നേഹികളും സത്യസമുദായ സ്നേഹികളും ഒപ്പം ക്രിസ്തുവിന്റെ അനുയായികളുമാക്കി മാറ്റട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും യേശു അറിയുന്നവരായി തീരട്ടെ യേശുവിനെ ആരാധിക്കുന്നതായി തീരട്ടെ യേശു ഉള്ളവരായി തീരട്ടെ യേശുൻ രണ്ടാമത്തെ വരുവിനേണ്ടി നോക്കി പാർക്കുന്നവരായി തീരട്ടെ ഇന്ന ഓരോ ദിവസം അവൻ വീണ്ടും വരും ഇന്നെനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചവൻ അവൻ രാജഗിരിയുടെ ചൂടി മടങ്ങിവരും പ്രിയപ്പെട്ടവരെ ഇന്നീ ഭാവിയായ മനുഷ്യന് വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ക്രൂസിൽ മരിച്ച് കുറ്റമില്ലാത്ത രക്തം ചിന്തിയവൻ അവൻ രാജാധി രാജാവായി കർത്താധി കർത്താവായി അധികാരത്തിന് മുദ്രയുമേന്തി അവരിത് തേജോമയനായി എഴുന്നള്ളി വരും അവൻ വരുമ്പോൾ മധ്യാകാശത്ത് നമുക്ക് പറക്കണ്ട് അവൻ വരുമ്പോൾ നമുക്ക് ഉയരേണ്ടേ അവൻ വരുമ്പോൾ നമുക്ക് സ്വർഗമണ്ഡലങ്ങളിലേക്ക് ഉയരണ്ടേ അവൻ വരുമ്പോൾ നമുക്ക് സ്തുതിച്ചു കൊണ്ട് എതിരേൽക്കണ്ടേ അത് നമുക്ക് വിശുദ്ധരായി തീരാം അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം പുതിയ പ്രതിഷ്ഠയെടുക്കാം ഇതാ ദൈവദൂതൻ വന്നു പത്രോസ് വന്നു പോയ പരിശുദ്ധാത്മാവ് വന്നു ഈ കൺവെൻഷന്റെ ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് വരുന്ന അത്ഭുത സംഭവിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്മകൾ നിങ്ങൾക്ക് തരട്ടെ യേശുക്രിസ്തുവിന്റെ വലിയ എന്നും എന്നേക്കും മഹുത്വപ്പെടുമാറാകട്ടെ സ്തോത്രം